സ്വയം പ്രകാശം ആനന്ദാത്മാനം ആനന്ദ സ്വരൂപത്തെ ദർശേതി ഇവിടെ വെളിപ്പെടുത്തുന്നു ആനന്ദപ്രകാശിയോരഭേദി ആനന്ദവും പ്രകാശവും ഒന്നു തന്നെ പ്രകാശം എന്ന് പറഞ്ഞ എന്താണ് അറിവ് അറിവ് എന്ന് വെച്ച അദ്വൈതത്തെ സ്വീകരിക്കുന്നത് സ്വയം പ്രകാശിക്കുന്ന അറിവ് സ്വയം പ്രകാശിപ്പിക്കുന്ന അറിവെന്ന് വെച്ചു കഴിഞ്ഞാ മറ്റൊന്നും പ്രകാശിപ്പിക്കാത്ത അറിവ് എന്നുവെച്ചാൽ മറ്റൊന്നും പ്രകാശിപ്പിക്കാത്ത അറിവ് പറഞ്ഞാ എന്താർത്ഥം മറ്റൊന്നുകൊണ്ടും അറിയാൻ കഴിയാത്ത അറിവ് അറിവിനെ ഇങ്ങറിയാനും ആരുമില്ല അതാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത് അപ്പൊ അറിവിനെ ഒരറിവറിയ സ്വയംപ്രകാശം അറിവിന് മറ്റൊരറിവൻ കഴിയത്തില്ല ഇതാണ് അദ്വൈതിയുടെ അദ്വൈതിയുടെ എല്ലാവരും അങ്ങനെയല്ല സ്വീകരിക്കുന്നത് അദ്വൈതികൾ പറയുന്ന നമ്മുടെ ഉള്ളില് ഇരിക്കുന്ന അറിവ് ആ അറിവ് എന്ന് പറയുന്നതിന് മറ്റൊരറിവ് കൊണ്ടറിയേണ്ട ആവശ്യമില്ല എന്നുവെച്ച അറിവിന്റെ സ്വഭാവം തന്നെ എന്താണത് അറിവായിരിക്കുക എന്നുള്ളതാണ് അപ്പോ അറിവിനെ അറിവറിയുക അറിവിനെ അറിവ് അറിയുന്നു അല്ലെങ്കിൽ അറിവിനെ മറ്റെന്തെങ്കിലും അറിയുന്നു അല്ലെങ്കിൽ അറിവിനെ മറ്റൊരു അറിവ് അറിയുന്നു ഇതൊന്നും ശരിയല്ല അറിവിന് സ്വയം അറിവിനെ അറിയാൻ പറ്റില്ല അറിവിനെ മറ്റൊന്നും അറിയാൻ പറ്റില്ല അതിന്റെ ആവശ്യമില്ല അറിവിനെ മറ്റൊരു അറിവിനും അറിയാൻ പറ്റത്തില്ല അതാണ് അറിവിന്റെ നേച്ചർ അതുകൊണ്ട് അറിവിനെ സ്വയം പ്രകാശം പറയും അപ്പോ ഇത് അദ്വൈതിയുടെ ഒരു താർക്കിക നിലപാടാണ് അദ്വൈതി അങ്ങനെ വാദിച്ച് സമർത്ഥിക്കാൻ ആരോഗ്യ സ്വയം പ്രകാശമാണ് നമ്മുടെ സാധാരണ അനുഭവത്തിൽ നോക്കിയാൽ അത് നമ്മുടെ സാധാരണ അനുഭവത്തിൽ എന്ന് വെച്ചുകഴിഞ്ഞാ ഇപ്പൊ ദുഃഖത്തെ പുസ്തകത്തെ കുറിച്ചുള്ള പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് എനിക്കുണ്ട് എങ്ങനെയായിരിക്കും അറിവ് ഇത് പുസ്തകം എന്നുള്ള അറിവ് പുസ്തകം എന്നുള്ള പുസ്തകം എന്നുള്ള അറിവ് ഉണ്ടാവുന്നു പിന്നെ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവുണ്ട് നമുക്ക് നമ്മൾ പറയുന്നു എന്താണ് എനിക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള അറിവുണ്ടെന്ന് ഞാൻ വീണ്ടും അറിയുന്നു എനിക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള അറിവെന്ന് വെച്ചാ എന്റെ പുസ്തക ജ്ഞാനത്തെ ഞാൻ അറിയുന്നു അപ്പോ പുസ്തകജ്ഞാനത്തിനുള്ള ഒരു അറിവ് എന്റെ ഉള്ളിലുണ്ടായി അപ്പോ അറിവിനെ ഞാൻ അറിയുന്നു ഇതാണ് നമ്മുടെ സാധാരണ അറിവ് നമ്മുടെ അനുഭവം ഇങ്ങനെയാണ് ഒരു വിഷയത്തെ അറിഞ്ഞാൽ ആ അറിവിനെ ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോ അറിവിനെ എനിക്ക് അറിവുണ്ട് അതാണ് പിന്നെ അറിവിനെ അറിയുന്നില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ട് അറിവിനെ നാം അറിയാത്ത അതായത് അറിവിനെ അറിയാൻ പറ്റില്ല എന്നാണ് സിദ്ധാന്തം പക്ഷെ എനിക്കാത്തൊരറിവുണ്ടായി ഇത് കപ്പെന്നൊരറിവുണ്ടായി പറയുന്നു കപ്പെന്നുള്ള അറിവ് റിയുന്നു കപ്പെന്നുള്ള ഒരു അറിവിനെ ഞാൻ അറിയുന്നു അപ്പൊ അറിവിനെ ഞാൻ അറിയുന്നുണ്ടോ നമ്മുടെ അനുഭവം എങ്ങനെയാണ് അത് നമ്മൾ ത്രിപുടി അതെ ത്രിപുടിക്ക് ആധാരമായിട്ടുള്ള ആ വലിയ അറിവിനെയാണ് നമ്മളറിയുന്നത് അതിനെ ഗുരു പറയുന്ന എന്താണ് നമ്മളിങ്ങനെ അറിയുന്ന ഗുരു പറയുന്ന എന്താണ് നമ്മളിങ്ങനെ അറിയുന്ന അറിവ് പുസ്തകം എന്നുള്ള അറിവ് പിന്നെ പുസ്തകത്തെ കുറിച്ചുള്ള അറിവെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്ന അറിവ് ഇതെല്ലാം സ്വാഭാവികമായ അറിവുകളാണ് ഉപാധിയോട് കൂടിയ അറിവുകളാണ് അപ്പൊ എനിക്കൊരറിവുണ്ടാകുന്നത് കപ്പാണ് ഇതൊരറിവാണ് ഈ അറിവിലെന്താ ഉപാധി എന്താണ് ഉപാധിഷ്ഠ എന്താണ് ഉപാധി ചിന്തിച്ചാ മനസിലാകും കപ്പെന്നു പറയുന്നതിന്റെ വിഷയമാണ് പറയട്ടെ ഞാൻ പറയട്ടെ വേറെ അബദ്ധങ്ങൾ പറയാ വിഷയം എന്നുള്ളതാണെങ്കിൽ കപ്പ ഉപാധിയാണ് പിന്നെ എനിക്ക് കപ്പെന്നുള്ള അറിവ് ഉണ്ടാവണമെങ്കിൽ എനിക്ക് മനസ്സ് വേണം മനസ്സൊരുപാധിയാണ് എനിക്ക് കണ്ണ് വേണം കണ്ണും ഇതുമായിട്ട് ബന്ധപ്പെടണം ഇന്ദിരി അടുത്ത സന്നിവേശം ഉണ്ടാവണം അതൊരുപാധിയാണ് പിന്നെ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ കാലം വേണം ദേശം വേണം കാലദേശം അറിയുന്നത് അപ്പൊ നിരവധി ഉപാധികളോടു കൂടിയാണ് എന്താണ് ഇത് കപ്പെന്നുള്ള അറിവുണ്ടാകും അപ്പൊ ഇതിന് സ്വാഭാവിക ജ്ഞാനം എന്ന് അത് കഴിഞ്ഞ് ഈ അറിവിനെ ഞാൻ അറിയുന്നു എന്ന് പറയുന്നിടത്തും ഉപാധിയുണ്ട് എന്താണ് അവിടെ ഉപാധി അവിടെ അന്ധക്കരണമാണ് ഉപാധി അഹം വൃത്തി എന്ന് പറയുന്നത് ഒരു ഉപാധിയാണ് പിന്നെ മൊത്തത്തിൽ മനസ്സൊരുപാധിയാണ് അപ്പോ നിരവധി ഉപാധികളിലൂടെയാണ് നമ്മൾക്കെന്തുണ്ടാവുന്നത് അത് കപ്പന്നുള്ള അറിവ് ആ അറിവിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അറിവ് വിഷയമാകും എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായ അറിവ് സ്വാഭാവികമായ അറിവിന് വിഷയം ഉണ്ടാകും ആദ്യത്തെ സ്വാഭാവികമായ അറിവ് ഏതാണ് ആ ഇത് കപ്പന്നുള്ള അറിവ് രണ്ടാമത്തെ സ്വാഭാവികമായ അറിവ് ഏതാണ് ഞാൻ അറിവിനെ അറിയുന്നു എന്നുള്ളത് സ്വാഭാവികമായ അറിവാണ് ഇതിനെ തന്നെയാണ് ത്രിപുടിയെന്ന് പറയുന്നത് ത്രിപുടീന്ന് പറയുന്നതിനാൽ തന്നെ ഇവിടെ എല്ലാം എന്തുണ്ട് ഉപാധികളുണ്ട് നിരവധി ഉപാധികളിലൂടെ നമ്മളറിയുന്നു ഇനി പറയുന്നു ഇവിടെ പറയുന്ന എന്താണ് അറിവ് സ്വയം പ്രകാശം സ്വയം പ്രകാശം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അവിടെ ഒരു ഉപാധികളും ഇല്ല ഒരു തരത്തിലുള്ള ഉപാധികളില്ലാതെ അറിവ് എന്ന് പറയുമ്പോ ആ അറിവിനെ നമുക്കറിയാൻ പറ്റൂ ഒരിക്കലും അത് ബാബദികാരന്റെ ഒരു പ്രധാനമായ സിദ്ധാന്തമാണ് എന്താണ് ആ നിരുപാധികമായ അറിവിനെ നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയത്തില്ല ശരി നമ്മളൊരിക്കലും അറിയുന്നില്ല ഒരിക്കലും അറിയാൻ കഴിയാത്ത അങ്ങനെ ഒരു നിരുപാധികമായ അറിവുണ്ടെന്ന് നമ്മളങ്ങനെ തീരുമാനിക്കും അറിയാനേ പറ്റില്ല അങ്ങനെ തീരുമാനിക്കൂർ അബദ്ധം പറയാതെ ശരി പറയാനെ പോകുന്ന നിരുപാധികമായ അറിവിനെ ശാലും അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് സ്വയം പ്രവാസം പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു അറിവുണ്ടെന്ന് നമ്മളങ്ങനെ മനസ്സിലാക്കി അറിയാൻ പറ്റില്ലല്ലോ ഈ ഉപാധികൾ ഉള്ളതും ഉണ്ട് ഉപാധികളിൽ കൂടി അറിയുന്നതും ഉണ്ട് അങ്ങനെ ഒരു അറിവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ഉപാധികളിൽ കൂടി സ്വാഭാവികം ഉണ്ടാകണമെങ്കിൽ നിരൂപാധികമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു കൺക്ലൂഷൻ കറക്റ്റ് ആണ് ഈ പറഞ്ഞത് അതായത് സ്വാഭാവികമായ ഒരു അറിവുണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ നിരുപാധികമായൊരറിവ് വേണം എന്നുള്ള ഒരു എന്താണത് എന്താണ് ഒരു തർക്കം കേവലമായൊരു വെറുതെ അങ്ങ് തർക്കിക്കുകയാണ് അദ്വൈതി പറയുകയാണ് അദ്വൈതത്തിന്റെ ഏറ്റവും അടിസ്ഥാനകൂടമാണ് മനസിലായോ നിരുപാധികമായ ഒരറിവുണ്ടായാലേ അദ്വൈതം തന്നെ പത്ര അപ്പൊ അദ്വൈതി പറയാണ് ഈ അറിവ് സ്വാഭാവികമാണ് ഇങ്ങനെ ഒരു സ്വാഭാവികമായ അറിവുണ്ടാവണോ എന്റെ പിന്നിൽ എന്ത് വേണം നിരുപാധികമായ ഒരറിവുണ്ടാവണമെന്ന് പറയുന്ന ഒരു തർക്കമാണ് അത്രേയുള്ളു അങ്ങനെ തർക്കിക്കുന്നു അത്ര അങ്ങനെ ഒരു തർക്ക തർക്കം എന്ന് പറയുന്നത് ശരിയായ അങ്ങനെ ഒരു തർക്കം സ്വാഭാവികമായ അറിവുണ്ടാവണമെങ്കിൽ നിരുപാധികമായ ഒരു അറിവ് വേണോന്ന് പറയുന്നത് ഒരു തർക്കമാണ് ആ തർക്കം ശരിയായ ശരിയാണോ ആ ഗുരുതര അതൊക്കെ വിട്ട് ഞാൻ ചോദിച്ചു ഈ താർക്കികമായ ജ്ഞാനം ശരിയാണോ ശരിയാണെന്ന് വന്നുകഴിഞ്ഞാൽ എന്തായാലും നമ്മള് ആ നിരുപാധികത്തെ അറിഞ്ഞെന്ന് വരും അങ്ങനെ എനിക്കൊരു ശരിയായ അറിവുണ്ടായെന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറയും എന്താണ് നിരുപാധികമായ അറിവ് അറിവിനെ അറിഞ്ഞ് എന്ന് പറഞ്ഞാൽ നിരുപാധിക അറിവല്ലാതെ പോവും വന്നു കഴിഞ്ഞാൽ നിരുപാധികമായ അറിവ് പറയാൻ പറ്റില്ല പറയുന്ന പറയൂന്നല്ലോ ചോദിച്ചത് അറിയാൻ പറ്റുമോ എന്നാണ് പറയുന്നവരെ വൈകിട്ടുള്ള സെന്റൻസ് കണ്ടിട്ടില്ല ദൈവത്തെ ആരും ഒരു കണ്ടിട്ടില്ല അതുപോലെ തമിഴിലും പറയുന്ന കണ്ടവർ വിണ്ടതില്ല വിണ്ടവർ കണ്ടതില്ല അത് തന്നെ തർക്കമാണത് തർക്കമാണ് ഈ പറയുന്നവരെന്താണ് തർക്കമാണ് ർക്കുന്നത് എപ്പഴാണ് എപ്പോഴാണ് തർക്കിക്കുന്നത് ഉത്തരം മുട്ടുണ്ടോ ഒരു ചോദ്യം ചോദിക്കുമ്പോ അത് കൃത്യമായി നിങ്ങൾക്ക് ഒരു ഉത്തരം കറിയ പറയാൻ കഴിയാതെ വരുമ്പോ താർക്കികമായ ഉത്തരം പറയും അപ്പൊ ഈ കേൾക്കുന്നവനെന്ത് ചെയ്യും ഡഹ എന്നാ അങ്ങോട്ടാണോ ഞാൻ എന്താ ഈ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവ വിചാരിക്കും ഈ പറഞ്ഞത് വലിയ കാര്യമാണ് മനസ്സിലായോ നിങ്ങളോട് കാര്യം പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്ത് വിചാരിക്കും പറഞ്ഞ എന്തോ ഒരു വലിയ വലിയൊരു സംഭവം വിചാരിക്കും അതിനെ കുറിച്ച് വന്ന് മനസ്സിലെത്തി ചിന്തിച്ചു നോക്കണം എന്താണ് അറിവ് എന്ന് പറയുന്നത് സ്വാഭാവികമാണെങ്കിൽ നമുക്കതിനെ അറിയാൻ പറ്റും എന്നാ പറയുന്നത് സ്വാഭാവികം എന്ന് വെച്ചാൽ ആ അറിവിനെ അറിയുന്നതിന് നിരവധി ഉപാധികളുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു നിരുപാധികമാണെങ്കിൽ അദ്വൈതി പറയുന്ന അതിനെ അറിയാൻ പറ്റിയില്ല അറിയാൻ പറ്റിയില്ലെങ്കിൽ നിരുപാധികമായൊരറിവുണ്ടെന്ന് വിളിക്ക നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അവര് കേവലം തർക്കം മാത്രം ആ ശരിയാ തർക്കം എന്ന് പറയുന്നത് നിർവാധികമായ അറിവിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവാണ് ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിലോ ഒരിക്കലും അതിനെ അറിയാൻ പറ്റില്ല അതൊരു കേവലം തർക്കമായിട്ട് തന്നെ ഇത് അദ്വൈതത്തിലൊരു ഇതാണ് അദ്വൈതത്തിലൊരു കീറാമുട്ടിയാണ് പാരഡോക്സ് എന്ന് പറയുന്നത് അപ്പോ എന്താണ് ഈ കീറാമൂട്ടി അദ്വൈതി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുപറയുന്നത് അബദ്ധം പറയുന്നത് ശരിയായ ഉത്തരം പറയുന്നു എന്താണ് പരിഹരിക്കാൻ അദ്വൈതിക്ക് ഒരു ഒരു വഴിയുണ്ട് പറയുന്ന എന്താണ് നേതി നേരി എന്നുവെച്ചാ അറിയുന്നൊന്നുമല്ല അറിയുന്നൊന്നുമല്ല അറിയുന്നൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അറിയുന്ന എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണോ ശേഷിക്കുന്നത് പിന്നെന്തോ ശേഷിക്കുന്നത് അത് ഇത്ര പറയാൻ പറ്റും അല്ല നിങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്നത് സ്വയംപ്രകാശമായ അറിവിനല്ല സ്വാഭാവികമായ അറിവിനെ ആയിരിക്കും സ്വാഭാവികമായ അറിവെന്ന് വെച്ചാൽ സ്വയംപ്രകാശമല്ല സ്വയംപ്രകാശമാണ് അതിന് എന്താണ് എന്തൊക്കെ മനസിലാക്കണം എന്നുണ്ടെങ്കി ഞാൻ പി ഡി എഫ് ഫയൽ ഉണ്ടല്ലോ അതിന്റെ ചിസ് ഒരു ക്ലാസ് കിടക്കുന്നു ആ അതിന്റെ ആദ്യം പോലെ കേട്ടുപോകണം മനസിലാവും ഏഹ് ചെലപ്പോ അതിങ്ങനെ കേട്ടുകഴിഞ്ഞാൽ ചെറിയ തലവേദന വയറ്റിന് അസ്വസ്ഥത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം അതെല്ലാം കഴിഞ്ഞ് മനസ്സിലായ മൂന്നാല് ഗുണോ അഞ്ചാറ് ഗുണോ എട്ട് കേട്ട് മനസിലാക്കിയോ എന്താണ് സ്വയംപ്രകാശം എന്നുള്ള തർക്കം എവിടെ ചെന്നിക്കുന്ന മനസ്സിലാക്കാൻ പറ്റും താർക്കികമായി സ്വയംപ്രകാശം എവിടെ ചെന്നിയിക്കുക മനസ്സിലാവും അലാസ്വയം പ്രകാശത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന എന്താണ് കണ്ടവൻ മിണ്ടത്തില്ല മിണ്ടിയവൻ കണ്ടെത്തില്ല എന്നൊക്കെ പറയുന്നത് ഒരു തർക്കം മാത്രമാണ് അതിൽ നിന്നൊന്നും പ്രത്യേകിച്ചും മനസിലാക്കാനൊന്നും പറ്റത്തില്ല കാരണം പിന്നെ നമുക്ക് സമാധാനത്തിന് വേണ്ടി ഒരു കാര്യം പറയും സമാധാനം മനുഷ്യന്റെ അവിടെയാണ് സമാധാനം ഇവിടെ അബദ്ധം പറയലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാ ശരി പറയലും എവിടെയാണ് സമാധാനം വിശ്വാസം കറക്റ്റ് അങ്ങനെ പറ കറക്റ്റ് വിശ്വാസം അതായത് അങ്ങനൊരു സ്വയം പ്രകാശമായ ഒരാർവുണ്ടെന്ന് നമ്മള് വിശ്വസിക്കുക വിശ്വസിച്ചു സന്തോഷമായി കിടന്നുറങ്ങാൻ സുഖമായി അതേ വേറെ വഴിയൊന്നുമില്ല അതാണ് സ്വയം പ്രകാശം അദ്വൈതം എന്ന് പറയുന്നത് ചെല കീറാമുട്ടികളിൽ പോയി തട്ടി നിൽക്കും അതിനപ്പുറം കിടക്കാൻ പറ്റത്തില്ല അപ്പോ അവിടെ കിടന്ന് അതിന് കടക്കാൻ അതിനെ കിടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കിടന്ന് കറങ്ങി കറങ്ങി അപ്പോഴാണ് അവന്റെ സഹായത്തിനായി വരുന്നത് വിശ്വാസം അബദ്ധം പറയാനും ഞാൻ പറഞ്ഞിട്ടുണ്ട് വിശ്വാസം വരുന്നു വിശ്വാസം വന്നുകഴിഞ്ഞാ എന്തവരും വിശ്വസിക്കുക എന്താ അങ്ങനെയാണ് ബൈബിളായാലും ശരി ഖുറാനായാലും ശരി വേദമായാലും ശരി ഭഗവത്ഗീത ആയാലും ശരി നിങ്ങള് പോയി പോയി പോയി അവസാനം എവിടെയാണ് സമാധാനം കണ്ടെത്തുന്നത് സ്വാമി ഇവിടെ ഇങ്ങനെ കിടന്നണ്ടോ അപ്പൊ നിജാൻസ്വാമി കിടന്നുകൊണ്ട് ഒരു പാട്ട് പാടുവരും വിശ്വാസ മലോഷ വിശ്വാസം ജീവാ സർവ സോമല്ലോ എടുത്തിട്ടുണ്ടോ ഉം കാലൊക്കെ പുഴുത്ത് മനമൊക്കെ തിന്നുകൊണ്ട് കിടന്ന ഒരു കാലം ഉണ്ടായിരുന്നു പലരും ശുശ്രൂഷം ആ സമയം ഇങ്ങനെ ഒരു പാട്ട് പാടും ആയിരിക്കും ബോധവില്ലല്ലോ ആണ് ഇതിങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കിപ്പോൾ ഓർക്കും പാട്ടിന്റെ ഇതുകൊണ്ടല്ലോ ഓർക്കുന്നത് അന്നത്തെ നിജാൻ സ്വാമിയുടെ അവസ്ഥയും അവസ്ഥയിൽ ബോധവുമില്ലാതെ സ്വാമി പാടുന്ന ഈ പാട്ട് ഇതെല്ലാം ഇതാ രംഗം എന്റെ മനസ്സിലെപ്പോഴും ഇടയ്ക്ക് ഇടയ്ക്ക് കടന്നു വരും വിശ്വാസമല്ലോ വിളക്ക് മനുഷ്യന് വിശ്വാസം ജീവസർവസ്വമല്ലോ സർവത്തായിട്ടുള്ള ബോധമില്ല ആളിനു ഇരിങ്ങനെ വാഴികൊണ്ടേ ഇളകുഞ്ഞു അപ്പോ എന്താണ് ഇതാണ് സ്വയം പ്രകാശം എന്ന് പറയും അപ്പോ അറിവ് സ്വയം പ്രകാശമാണ് ഈസ്റ്റാൻഡിങ് അത് അദ്വൈതത്തിന്റെ അകത്ത് നിന്ന് പറയുമ്പോഴേ പറയുന്നതിനൊരു ശരിയുണ്ട് മനസ്സിലായോ അദ്വൈതമെന്ന് പറയുന്നൊരു സബ്ജെക്ടിന്റെ അകത്ത് നിന്ന് കൊണ്ട് പറയും ഞാൻ ആത്മാവാണ് എന്ന് പറയുന്ന ഒരു അണ്ടർ ഒരണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് പറയും ഞാനും അദ്വൈതം പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് മനസിലായോ അങ്ങനെയാണ് സാറിന് പഠിപ്പിക്കുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വിശ്വാസം എന്തായത് പക്ഷെ നമ്മളെന്ത് ചെയ്യണം അദ്വൈതത്തിന്റെ പുറത്ത് അദ്വൈതത്തെ വീക്ഷിക്കണം എന്താണ് ശരിക്കും അദ്വൈതകള് പറയുന്നത് അത് അണ്ടർസ്റ്റാൻഡിംഗ് ആണോ അതോ ഫൈറ്റ് ആണ് മനസിലായോ അപ്പോ നമ്മളതിന്റെ അകത്ത് നിന്ന് പുറത്തു വരണം പുറത്തുനിന്ന് നോക്കാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് അബദ്ധം പറയാനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വതന്ത്രമായി നോക്ക നിഷ്പക്ഷമായി നോക്ക് പക്ഷപാതമില്ലാതെ നോക്കുമ്പോ മനസിലാവ നാട്ടുന്നില്ല നമുക്കൊന്നിലൂടെ ഒരു അറ്റാച്ച് കമ്മിറ്റ്മെന്റ് നമ്മളെ ശെരിക്കും ഇടുന്ന ആളൊന്നായോക്കെ സോനുഭോഗി പല കാര്യങ്ങളും പറയാതെ പറയത് ഗുരുവിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വളരെ ഏറ്റവും ആധുനികവും ഒരു എന്താണ് വളരെ ആധുനികവും വളരെ സൂക്ഷ്മവും വളരെ വിശാലവും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതും ആ എന്താണ് ഒരു പണ്ടുകൂടത്തിലും പോയി പഠിച്ചില്ല ഒരു സയൻസും പഠിച്ചില്ല പക്ഷെ മനുഷ്യൻ ഏറ്റവും ആധുനികമായ മനുഷ്യൻ ചിന്തിക്കുന്ന രീതി ചിന്തിച്ചവരാണ് മനസ്സിലായു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ചിന്തയുടെ എല്ലാ വശങ്ങളും അപ്പോൾ നമ്മളാ ഗുരുവിന്റെ ചിന്തയിൽ നിന്നുകൊണ്ട് കാര്യം അതിനെ മനസ്സിലാക്കിയിട്ട് ആ രീതിയിലെല്ലാ കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മാറ്റം വരും അപ്പോൾ അവിടെ ഗുരുവിന്റെ ചിന്തയിൽ ഉള്ള ഏറ്റവും വലിയ മേന്മ ഞാൻ മനസിലാക്കിയിരിക്കുന്ന എന്തറിയാം അവിടെ അന്ധവിശ്വാസങ്ങൾക്ക് യാതൊരു സ്ഥാനമില്ല പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും ഒരു സ്ഥാനം ഇല്ല കാരണം ഗുരു എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തോ പുറമേ നോക്കുമ്പോ അതൊക്കെ പലതിലും പല അന്ധവിശ്വാസങ്ങളുണ്ടെന്ന് തോന്നും പക്ഷെ ഗുരുവിന് അതിലൊന്നും ഒരന്ധവിശ്വാസം ഉണ്ടായിരുന്നു അതിനെല്ലാം ഉപരിയായിട്ട് വന്ന് ചിന്തിച്ച ഒരാൾ അപ്പോ നമ്മുടെ ആധ്യാത്മിക ചരിത്രത്തിൽ ഗുരുവിനെ പോലെ ഒരാളുണ്ടായിട്ടില്ല ആത്മീയ പുരുഷന്മാർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഞാനൊരാളെ കണ്ടിട്ടില്ല അങ്ങനെ ഒരാള് അങ്ങനെ സ്വതന്ത്രമായി ചിന്തിച്ച ഒരാള് പക്ഷെ ഗുരുവിനെ പഠിക്കുന്നവരെ അത് മനസ്സിലാക്കുന്നില്ല അതല്ല ആ ഒരു കാര്യമല്ല ഞാൻ പറയുന്നു അത് അതിനെ കുറിച്ച് ഞാൻ പറയുന്ന ഗുരുവിന്റെ ചിന്ത ചിന്ത ഗുരുവിന്റെ വ്യക്തിത്വം അതിനെ മനസ്സിലാക്കുന്ന കാര്യം മറ്റത് ഗുരുവിന്റെ നിലപാടിലല്ലോ ആൾക്കാർ പലതും അങ്ങനെ പറയുന്നേ അപ്പൊ ഗുരുവിനെ മനസ്സിലാക്കുന്നിടത്ത് കാര്യമാണ് ഞാൻ പറയുന്നത് അതിപ്പോ ജനങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് പലതും പറയും അതെന്താ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല അതിപ്പോ ഓരോ കാലത്തിന്റെ ഒരു സ്വാധീനത്തിൽ വരും മറിച്ച് ഗുരുവിന് ഒരു വ്യക്തിത്വം ഗുരുവിനൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഗുരുവിന്റെ ചിന്താലോകം അത് അതൊരു ആരും പിന്തുടർന്നു നമ്മുടെ ഗുരുപരമ്പരയിലാരും പിന്തുടർന്നു വന്നിട്ടുള്ള അല്ല എന്ന് വളരെ വ്യക്തമാണ് അത്ര സ്വന്തമായ നിലപാടുകൾ അതിന് മനസ്സിലായില്ല എന്നുള്ള അതിന്റെ ഓരോ ഭാഗം ഓരോരുത്തർ മനസ്സിലാക്കി ഓരോ ഭാഗമേ ഓരോരുത്തർ മനസിലാക്കി അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ സ്വയംപ്രകാശം അതായാലിപ്പോ പറയാണ് ദർശനമാണ് വ്യാഖ്യാനിച്ചിട്ട് ഇതാണ് ഗുരുവിന്റെ ദർശനം എന്ന് പറയുന്ന അവധമാണ് ആത്മോദ്ദേശം വ്യാഖ്യാനിച്ചിട്ട് ഇതാണ് ഗുരുവിന്റെ ദർശനം എന്ന് പറയുന്ന ഗുരുവിന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കണമെങ്കിൽ ഇതെല്ലാം നോക്കണം ഗുരുവിന്റെ ജീവിതവും ചിന്തയും പ്രവൃത്തിയും എല്ലാം നോക്കണം എഴുത്തുകളും പരിശോധിച്ചു കൊള്ളു അതിന്റെ ഒരു ഭാഗമേ ആവുന്നുള്ളൂ എഴുത്ത് എഴുത്തിനൊക്കെ ഉപരിയാണ് ഗുരുവെന്ന് പറയുന്ന വ്യക്തിത്വം ആ വ്യക്തിത്വത്തെ പ്രകാശിപ്പിച്ച ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ ഈ ഗ്രന്ഥങ്ങൾ അത് ഗുരുവിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രം ഗുരുവിന്റെ പ്രവൃത്തിയിലൂടെ വിളിവാകുന്നത് ഈ ഗ്രന്ഥങ്ങളിൽ പ്രദർശിപ്പിച്ചും വലിയ ദർശനമാണ് അതാണ് മനസ്സിലാക്കിയത് മനസിലായോ ഗുരുവിന്റെ എഴുത്തുകളിലൂടെ ഉള്ള ദർശനത്തെക്കാളും വലിയ ദർശനമാണ് ഗുരുവിന്റെ കർമ്മത്തിലുള്ള ദർശനം എന്നാണ് എന്റെ മനസ്സിലാക്കുക ഞാൻ പ്രാധാന്യം ഗുരുവിന്റെ കർമ്മത്തിലുള്ള ദർശനത്തിനാണ് അത് ഈ എഴുത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതിനും കൂടുതലാണെന്നുള്ളതാണ് എന്ത് ചെയ്തു ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറി ഗുരു എങ്ങനെ ജീവിച്ചു മനസ്സിലായോ അത് മനസിലാക്കുന്നുണ്ടാണ് അതിനാണ് പ്രാധാന്യം ഒരു വ്യക്തിയുടെ ദർശനം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവിതമായിരിക്കാം അത് അങ്ങനെ മനസ്സിലാക്കി കിട്ടുന്നുണ്ട അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ പറയുന്നു അപ്പൊ ഗുരുവിന്റെ വാക്കുകൾക്കും അതിൽ പ്രാധാന്യമുണ്ട് കൂടുതലായി ഗുരുവിന്റെ കർമ്മങ്ങൾക്കൊരു പ്രാധാന്യമുണ്ട് ഉം അതുകൊട്ടെ സ്വയം പ്രകാശനം നിരുപാധികം സ്വയം പ്രകാശനം നിരുപാധികം സ്വയം പ്രകാശം നിരുപാധികം പ്രകാശമാണ് അറിയാമല്ലോ ഇവിടെ പറയുന്നു ഇനി അടുത്തൊരു കാര്യം സ്വയംപ്രകാശത്തെ കുറിച്ച് പറയണവരാണ് ആനന്ദപ്രകാശം അഭിപ്രായം ഈ ആനന്ദം ഒന്നും പ്രകാശം പറയുന്നത് വ്യത്യാസമില്ലാന്ന് അപ്പൊ അവിടെ ഒരു സംശയം വരും പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അറിയൂ ആനന്ദം എന്ന് പറയുന്നതോ ആനന്ദം എന്ന് പറയുന്നത് എന്താണോ ആനന്ദം എന്ന് പറയുന്നത് ഒരു വികാരമാണ് മനസിലായ അറിവെന്ന് പറയുന്ന നമ്മള് സാറിന് ഈ പറഞ്ഞു നമ്മുടെ ഒരു തോട്ട് നമ്മുടെ ഇന്റലിജന്റ് ഇതിനൊക്കെയാണ് നമ്മളെന്ത് പറയുന്നത് അറിവെന്ന് പറയുന്നു പക്ഷെ ഇത് പുസ്തകം ഇതൊരു അറിവാണ് ഇത് ആനന്ദമാണ് പുസ്തകം എന്ന് പറയുന്ന അറിവാണ് ആനന്ദമാണ് പക്ഷെ ഇപ്പൊ ചൂട് സമയത്ത് എ സിയിൽ ഇരിക്കുമ്പോ നമുക്കൊരു സുഖം തോന്നുന്നു ഇത് ഒരു ഇമോഷനാണ് ഇത് ആനന്ദമാണ് അല്ലേ ആനന്ദവും ഈ അറിവും ഒന്നാമെന്ന് ഇങ്ങനെ ആനന്ദപ്രകാശയോ അഭേദെന്ന് പറഞ്ഞിരിക്കുന്നപ്പോ എന്താ എന്റെ അർത്ഥം രണ്ടും ഒന്നാണെന്നാണ് ആനന്ദിന്റെ കാര്യം ഞാൻ പറഞ്ഞ ആനന്ദത്തിന്റെ കാര്യം പറയുന്നു പറയുന്ന ആനന്ദവും അറിവും തമ്മിലും വ്യത്യാസമില്ലെന്നാ പറയുന്നു അതെങ്ങനെ ശരിയാവെന്ന് ഞാൻ ചോദിക്കുന്നു ഇവിടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എന്താണ് ആനന്ദപ്രകാശ ഒരു അഭേദ രണ്ടും സംബന്ധിച്ച് രണ്ടു രണ്ടാണ് എനിക്കിപ്പോ അറിവുണ്ട് ആനന്ദമില്ലായിരിക്കും ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോഴും അറിവുണ്ട് ഞാൻ കരയുമ്പോഴും എനിക്ക് അറിവുണ്ട് എന്റെ വേണ്ടപ്പെട്ടവര് മരിച്ച് ഞാൻ ഇരുന്ന് കരയുന്നു എനിക്കപ്പ അറിവുണ്ട് എനിക്ക് വലിയ വയറ്റുവേദന വന്ന് ഞാൻ ഇരുന്ന് കരയുന്നുണ്ട് അപ്പൊ ആനന്ദം അറിവ് ഒന്നാവുന്നേങ്ങനെ ചോദ്യം എന്താണ് ആ പറയുന്നത് ില്ലേ സ്വയംപ്രകാശമായ അറിവെന്ന് പറഞ്ഞില്ലേ നിരുപാധികമായ അറിവ് ആ അറിവ് അത് ആനന്ദം എന്ന് പറയുന്ന അവിടെ ഒന്നു തന്നെയാണ് സ്വാഭാവികമായി വരുമ്പോഴാണ് ആനന്ദവും അറിവും രണ്ടാകുന്നത് അവിടെ ആനന്ദം ഒന്നും അറിവെന്നും പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ എന്തുകൊണ്ട് അദ്വൈതം എന്നു രണ്ടില്ല രണ്ടു മുഖമില്ല സത്യത്തിന് രണ്ടു മുഖമില്ല ആനന്ദം വേണമെങ്കിൽ ആനന്ദം വിളിക്കാം അല്ലെങ്കി അറിവെന്ന് വിളിക്കാം രണ്ടായിരം വന്നതും പിന്നെ അവിടെ വ്യത്യാസം വന്ന എന്തിനാണ് ഭാഷയില് വ്യത്യാസം നമ്മൾ ഉപയോഗിച്ച ഭാഷ നമ്മള് ബ്രഹ്മത്തെ വിളിക്കാൻ വേണ്ടി ആനന്ദം ഒന്ന് പറഞ്ഞു അല്ലെങ്കി ബ്രഹ്മത്തെ വിളിക്കാൻ വേണ്ടി അറിവെന്ന് പറഞ്ഞു അങ്ങനെ നമ്മള് രണ്ട് ഭാഷ ഉപയോഗിക്കാൻ കാരണം ഇതേ നിരുപാധികമായ ഈ അറിവ് തന്നെ നമ്മുടെ അനുഭവത്തിൽ വരുമ്പോൾ മനസിലായോ നമ്മുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരിക്കും അപ്പൊ രണ്ട് ഭാഷ വേണം ആനന്ദത്തിന് ഇമോഷൻ ആനന്ദം വാക്കും അറിവ് തോട്ട് ഇന്റലിജന്റ് കോൺഷ്യസ്നെസ് അവയർനെസ് എന്നൊക്കെ പറയുന്നതിന് അറിവെന്നുള്ള വാക്കും ഉപയോഗിക്കുന്നു എന്തുകൊണ്ട് ഇത് സ്വാഭാവികമായ വാദികളൊന്നുമില്ലാതിരിക്കുമ്പോൾ നിർവാധികമായിരിക്കുമ്പോ ഈ രണ്ടു വാക്കും ഒരിടത്ത് പ്രയോഗിക്കുന്നു അങ്ങനെ ആനന്ദമൊന്നും അറിവൊന്നും ഒന്നിനെ പറയുന്നു അവിടെ രണ്ടില്ല അത്യുതമെന്ന് പറയുന്ന അതാണ് അതാണ് ഇവിടെ പറഞ്ഞ ആനന്ദപ്രകാശിയോര് സച്ചിത് ആനന്ദംന്ന് പറയുന്നിടത്തും അങ്ങനെയാണ് സത്ത് ചിത്ത് ആനന്ദം മൂന്നും മൂന്നാണ് എപ്പോ നമ്മളിവിടെ അറിയുന്നതുകൊണ്ട് ഞാൻ ഉണ്ടെന്നറിയുമ്പോഴത്തേക്ക് ഉണ്മ സത്ത് ഞാൻ അറിയും എന്റെ സുഖം ആനന്ദം ഇത് മൂന്നും മൂന്നായിട്ടാണ് ഇവിടെ അറിയുന്നത് എന്നുകൊണ്ട് പല എന്നാൽ നിരുപാധിയുമായി കഴിഞ്ഞാൽ സത്ത് തന്നെ ചിത്ത് തന്നെ ഇതാണ് പണ്ട് ഞാൻ ആദ്യം എനിക്ക് പതിനാറോ പതിനേഴ് വയസ്സുള്ള കർണാകര ഗുരുവിന്റെ അടുത്ത് ചോദിച്ചത് ഈ സച്യദാനന്ദ മൂന്നാണോ അതേ ഒന്നാണോ പൊടി പറഞ്ഞ ഞാനിതൊന്നും പഠിച്ചിട്ടില്ല എന്നോടൊന്നും ചോദിക്കാറില്ല ഇതൊക്കെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അറിവാണ് അനുഭവം വല്ലതുകൊണ്ടോ അതാണ് പിന്നീട് ചോദ്യം അനുഭവം വല്ലതുകൊണ്ടോ ഞാൻ പറഞ്ഞ അനുഭവം ഒന്നുമില്ല ഇത് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞ് ഉം വിശ്വസിച്ചാൽ അനുഭവം ഉണ്ടാവും എന്നോട് പറഞ്ഞാണ് വിശ്വസിച്ചാൽ അനുഭവം ഉണ്ടാവും ഞാൻ പറഞ്ഞ അനുഭവം ഉണ്ടായാൽ വിശ്വസിക്കാം അനുഭവം ഉണ്ടായാൽ വീണ്ടും പുള്ളി ആവർത്തിച്ചു വിശ്വസിച്ച അനുഭവം ഞാൻ വീണ്ടും പറഞ്ഞു അനുഭവം ഉണ്ടായാൽ വിശ്വസിക്കാം വീണ്ടും പറഞ്ഞു മൂന്നോണം മൂന്നോണ പറഞ്ഞപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞു എന്റെ പുള്ളിക്ക് മനസ്സിലായി പറഞ്ഞിട്ട് ില്ല നമ്മടെ അങ് ഉപേക്ഷിച്ച് അങ്ങനെയൊരു സംഭവം നടക്കും അങ്ങനെ ആ അനുഭവം ആ വിശ്വസിച്ച അനുഭവം ഉണ്ടാവുന്നു പുള്ളി പുള്ളി ഞാൻ പറഞ്ഞു അനുഭവം ഓപ്പോസിറ്റ് ആ അത് മനസ്സിലായി അന്ന് അതിന്റെ തുടക്ക സമയം ഒരു ചെറിയ ഒരു പഠനശാല അന്റെ ചുറ്റും എൻ്റെ മണലൊക്കെ വിരിച്ച് ആ പണശാലയുടെ ഗുരുവിരിക്കുന്നു കുറെ പെൺകുട്ടികളൊക്കെ ചുറ്റുവിരിക്കുന്നു ഒരു വക്കീലവിടെ നിൽക്കുന്നു അപ്പോ ഞാനൊരു സായിപ്പിന്റെ ദിഭാഷിയായി പോയതാണ് പൊളിയെടുത്ത് സംസാരിക്കുക അങ്ങനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അത് നിർത്തി വെച്ചിട്ട് ഞാൻ സാഹിബിനോട് പറഞ്ഞ് എനിക്ക് പേഴ്സണലായി ചില കാര്യം സംസാരിക്കാൻ ഓക്കേ എന്നു പറഞ്ഞ വീട്ടെടുത്ത് ചോദിച്ചാണ് അന്ന് വേറെ കാര്യം കൂടെ ഉണ്ട് എന്താണ് നമ്മളിതൊക്കെ വായിക്കില്ലേ അപ്പം നമുക്ക് ഇതിനെ ഒരു ധാരണയുണ്ടെന്ന് സ്വാമി അറിഞ്ഞോട്ടെന്നൂടെ വിചാരിച്ച് നിഷ്കളങ്കമായ ചോദ്യമൊന്നുമല്ല നമുക്ക് അങ്ങനെയുള്ള ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഈഗോ വരുമല്ലോ എന്നാൽ പിന്നെ ഒന്ന് മുട്ടി നോക്കാം പരീക്ഷിച്ച് അങ്ങനെ അതുകൊണ്ടതിന്റെ പിന്നിൽ എന്നാ അറിയണമെന്നുള്ള ആഗ്രഹമുണ്ട് ശരിക്കും ഇത് മൂന്നാണ് എനിക്കൊരു അന്നൊരു കൺഫ്യൂഷനായിരുന്നു ഇത് മൂന്നും ഒന്നാണോ അതെ മൂന്നാണോ കാരണം ഉണ്ട് കാരണം എന്തുകൊണ്ട് അദ്വൈതമെന്ന് പറഞ്ഞാൽ ഒന്നാണ് പിന്നെ മൂന്നെണ്ണം അങ്ങനെ വരും പക്ഷെ പറയുന്ന സത്ത് ചത്ത് ആനന്ദം ഇതെന്റെ മനസ്സിൽ ഇങ്ങനെ കറങ്ങിയാണ് സ്വയം പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുന്നതാണ് പിന്നെ എന്നെക്കാളും പ്രായമുള്ള വയസ്സന്മാരുത്തൊക്കെ ചെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് അവർക്ക് ആർക്കും ഇതിനൊരു ഉത്തരവില്ല കണ്ണാർ ഉത്തരം കിട്ടി പിന്നെ മനസ്സിലാക്കുന്ന ഈ സ്വാഭാവികം നിരുപാധികം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് അദ്വൈതത്തിൽ ഇതിനെങ്ങനെയാണ് വിശദീകരിക്കുന്നതെന്ന് മനസ്സിലായി അതൊരാന്നും മനസിലായില്ല അപ്പോ ഇങ്ങന വിശദീകരിക്കുന്നത് സ്വാഭാവികമാണെങ്കിൽ മൂന്നെന്ന് പറയാം ഉപാധികളൊന്നുമില്ലെങ്കിൽ അപ്പൊ ഇതിനെ സ്വാഭാവികമായി നമ്മൾ അറിയുന്നതിനാണ് അദ്വൈതത്തിന്റെ എന്ത് പേര് പറയുന്നത് വ്യവഹാരിക സത്യം എന്ന് പറയുന്നു പറയുന്നത് വ്യാവരിക സത്യം നിർവാധികത്തേണെന്ന് പറയുന്നത് പാരമാർത്ഥിക സത്യം നിർവാധികത്തെ പറയും പാരമാർത്ഥിക സത്യം നമ്മളിങ്ങനെ സച്ചിദാനന്ദ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെ പറയും വ്യാവഹാരിക സത്യം ഇവിടെ ഭാഗതി കാലം പറയും ആ പാരമാർത്ഥിക സത്യത്തെ നോക്കൊരിക്കലും അറിയാൻ പറ്റി നമ്മളറിയുന്നത് സ്വാഭാവികമായിട്ടുള്ള ബ്രഹ്മത്തെ നമ്മൾ റിയുള്ളൂന്ന് വെച്ചാ വ്യാവഹാരിക സത്യം മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ മറ്റത് ഒരിക്കലും അറിയുന്നില്ല അപ്പോ അങ്ങനെ ഒരിക്കലും നമുക്കറിയാൻ വയ്യാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് പറയുന്നുകൊണ്ടാണ് ഈ ബ്രഹ്മത്തെ എന്തുപറയും വെസ്റ്റേൺ ഫിലോസഫ് എന്തുപറയും ഇതൊരു മിസ്റ്റിക്കൽ ഐഡിയ ആണെന്ന് പറയും ഇതൊരു മിസ്റ്റിസിസമാണെന്ന് മനസിലായോ മിസ്റ്റിസിസംന്ന് പറയും എന്ന് വെച്ചാൽ ഒരു നിഗൂഢാത്മകമായൊരു സാധനമാണ് അപ്പോ ഈ മിസ്റ്റിസിസം അല്ല എന്ന് പറയുന്നതിന് വേണ്ടിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ് മാറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മാറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പറഞ്ഞ അവിടെ ഒരു മിസ്റ്റിസിസം ഇല്ല ആ ഇതൊരു മാറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മിസ്റ്റി സിസത്തെ നിരാകരിക്കാൻ വേണ്ടിട്ടാണ് കാരണം വെസ്റ്റേൺ ഫിലോസഫിയില് മിസ്റ്റി സിസം എന്ന് പറഞ്ഞാൽ അതിന് അവർ ഒരു വിലയും കല്പിക്കത്തില്ല അപ്പോ ഈ പറഞ്ഞ രീതിയിൽ ബ്രഹ്മത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിസ്റ്റേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇടയിൽ പോയി പറയാൻ പറ്റില്ല അപ്പോ ഇംഗ്ലീഷൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടുപിടിച്ച ഒരു വിദ്യയാണ് എന്ത് ഇത് മാറ്റവും അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മിസ്റ്റിസിസം അല്ല എന്നു എങ്ങനെ ഇതിന് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ച നിങ്ങളെ ഈ പഠിപ്പിക്കുന്ന പിന്നെ ആ കൾച്ചർ ടീച്ചിങ് സിമയൻസ്വാമിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ ട്രഡീഷൻ സിന്മേനുസാമിയാണ് അതുകൊണ്ടെന്തോ അതാ പറയാ ജേണലിസ്റ്റും ഒക്കെ ആയിരുന്നല്ലോ ഇംഗ്ലീഷിലെ ഒരു കോഴ്സസ് ഒക്കെ തുടങ്ങി സിമയൻസാമിയിലെ ഒരു ദേസ്വാമി വിളിപ്പിക്കുന്ന മറ്റേ താരാനന്ദ സ്വാമി അടുത്തൊന്നും പഠിച്ച കാര്യങ്ങളാണ് ചിന്മയൻ സ്വാമി അംഗീകരിക്കുന്നില്ല ദേവനുസ്വാമി ചിന്മയൻ സ്വാമിയുടെ ടീച്ചിങ് ഒന്നും അംഗീകരിക്കുന്നില്ല ചിന്മയാൻ സ്വാമിയുടെ ടീച്ചിങ് തുടങ്ങുന്നത് ഹോം പിന്നെ വാസന പിന്നെ ചാർട്ട് ഒരു ചാർട്ടുണ്ട് മനസിലായോ അപ്പൊ ഈ മെത്തേടെ ദേസ്വാമി സ്വീകരിക്കുന്നില്ല എന്നും പറയില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വാസന എന്ന് പറയുന്നതിന് അല്ല അതിന്റെ സ്ഥാനത്ത് പുള്ളി വെക്കുന്ന അധ്യാസമാണ് അപ്പോൾ ഒറ്റ ഫോളോ അതിനെ പരസ്യമായി പറഞ്ഞു എതിർക്കുന്നില്ലെന്നേള്ളൂ പക്ഷെ ചെന്നയാന സ്വാമിയുടെ അത് അതും കാര്യമുണ്ട് ഈ ചിന്മസ്വാമി തപ്പൻ സ്വാമിയുടെ അടുത്തുനിന്ന് പഠിച്ചെന്ന് വെച്ചുകഴിഞ്ഞാല് അദ്വൈതത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ആര് എവിടെയുണ്ടായിരുന്നു എവിടെ പരമാവധി ഒരു അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ ഒരാറുമാസം പിന്നെ ചിന്മേൽ സ്വാമി നല്ല ബുദ്ധിമാനായിരുന്നു അദ്ദേഹത്തെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുണ്ടായിരുന്നു കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ തപോൻ സ്വാമിയുടെ ലെക്ചർ ലെക്ചര് ഇദ്ദേഹം കേട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ അദ്ദേഹത്തിന്റേതായ രീതിയിൽ അവതരിപ്പിച്ചു എന്ന് വെച്ചാൽ ഈ അദ്വൈതമെന്ന് പറയുന്ന ശാസ്ത്രത്തിന്റെ ആന്തരികമായ പ്രക്രിയകളോ അങ്ങനെയൊന്നും പഠിച്ചിട്ടുള്ളതാണല്ലോ അതുകൊണ്ടാണ് അദ്ദേഹം ഭഗവത്ഗീത ജനറൽ ആയിട്ട് ഇങ്ങനെ പറയുക പിന്നെ ദേയാൻ സ്വാമി കുറച്ചുകൂടി പഠിച്ചു താരാനന്ദയുടെ അടുത്ത് പോയിട്ട് കുറച്ചുകൂടി പഠിച്ചപ്പോൾ പുള്ളി കുറച്ചുകൂടി വലുതുണ്ടായി പക്ഷെ ചിന്താൻ സ്വാമി സാമാന്യമായി ആൾക്കാരെ ധരിപ്പിക്കുന്നതിനുള്ള അറിവ് പുള്ളിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള അതൊരു അങ്ങനെ ഒരു ഡെപ് ഉള്ള ആളല്ല പുള്ളി വേറെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് തിരിച്ച് അത് പറഞ്ഞ് ജനങ്ങളെ വളരെ ആകർഷിക്കാൻ പറ്റിയ ഒരാളായിരുന്നു അത്രയുണ്ട് അങ്ങനെ കാര്യമായൊന്നും പഠിച്ചുള്ള അറിവില്ല പിന്നെ സ്വയം ചിന്തിച്ചും കേട്ടും സ്വയം ഡെവലപ്പ് ചെയ്ത ഒരു രീതിയിലും അവതരിപ്പിച്ചിരുന്നു അതുകൊണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് മിസ്റ്റേക് നിഷേധിക്കാൻ വേണ്ടി പറയുന്നതാണ് അത് അദ്വൈതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയാം പറഞ്ഞാലും അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് ചോദിച്ചാൽ പറയാനുള്ള അറിവ് അവർക്കൊന്നുമില്ല അത്ര പേര് പഠിച്ചിട്ടില്ല ആരും നിങ്ങളുടെ പൂജ്യ ഗുരുദേവൻ എന്തുകൊണ്ട് ഇതിന്റെ ശരിക്കും അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ശരിയായ നിരുപാധികമായ ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല അണ്ടർസ്റ്റാൻഡിങ് എന്ന് എന്ത് പറയാൻ പറ്റും അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എന്താണ് സ്വാഭാവികമായ കാര്യങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ശരിക്കും ബ്രഹ്മത്തെ സംബന്ധിച്ച് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാൻ പറ്റില്ല ്രഹ്മെന്ന് പറയുന്ന മിസ്റ്റിക്കൽ ആയി തന്നെ ഇരിക്കും മനസിലായ അത് അദ്വൈത എന്നെ സംബന്ധിക്കുന്ന കാര്യമാണ് ആണ് ഗുരു പറഞ്ഞത് ഈ അറിവിനെ ഇങ്ങറിയാനും ആരുമില്ല അതിനറിയാൻ പറ്റത്തില്ല അതാണ് അദ്വൈതത്തിന്റെ നിലപാട് ആന്റെ ശരിയായ ഇത് പിന്നെ അറിയെന്നും പറയും അറിയെന്ന് പറയുന്ന എന്റെ സ്വാഭാവികമായ തരങ്ങളിൽ അതിനെ അറി മനസ്സിലാവും ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വ്യത്യാസം മനസ്സിലായി കഴിഞ്ഞാൽ തെളിച്ച് പറയേണ്ടി വരും എന്താണ് നിരുപാധികമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിയാൻ കഴിയില്ല സ്വാഭാവികമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിയാൻ കഴിയും അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ എന്താണ് അഹം ബ്രഹ്മേരിയത് ഭാനം തുര്യോ എന്ന് പറയുന്ന ഒരു ഭാനമാണ് യഥാർത്ഥത്തെ അറിയുന്നല്ലേ യഥാർത്ഥത്തെ അറിയാൻ പറ്റില്ല അവിടെ വരുമ്പോൾ വിശദീകരിക്കും അവിടെ എത്തും ഏ അവിടെ ആപ്സന്റ് അങ്ങനെ അറിയില്ല ടൈമും അറിയാത്തതും ആപ്സെന്റ് ആയിപ്പോന്ന നിങ്ങളുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ് അത് ബ്രഹ്മത്തിന്റെ പ്രശ്നമല്ല ഇത് രണ്ടും കൂടെ കൂട്ടിക്കൊഴിക്കരുത് അതെ അത് ബ്രഹ്മമായിട്ടൊരു ബന്ധവുമില്ല ടൈമറിയാതിരിക്കാന്നൊക്കെ പറയുന്ന നമ്മളെപ്പോഴും മനസ്സിലാക്കണം കാലത്തെ കുറിച്ച് ബോധമല്ല ദേശത്തെ കുറിച്ച് ബോധമില്ല എന്നൊക്കെ പറയുന്നത് സുഷുപ്തി പോലെ നമ്മുടെ ബ്രെയിനിന്റെ ഒരവസ്ഥയാണ് ബ്രഹ്മമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവിടെ പറയുന്നത് മനസിലായോ ഇത് ഇപ്പം അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും തലതിരിഞ്ഞിരിക്കണം അതിനെ തിരിച്ചു വയ്ക്കണം നേരെ ഓപ്പോസിറ്റാകും അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയേ ഉള്ളൂ സ്വാഭാവികമായാൽ അതിനറിയണം നിരുപാധികമായി കഴിഞ്ഞാൽ അതിനറിയാൻ പറ്റില്ല നമുക്ക് കാലദേശബോധം ഇല്ലെന്നല്ല നമ്മുടെ ആന്തരികമായി എന്തെങ്കിലും സംഭവിക്കുന്ന കാര്യമുണ്ട് മനസ്സിലായോ ആന്തരികമായ നമുക്ക് കാലമോ ദേശമോ ബോധമോ ഇല്ലാതെ വരികയാണെങ്കിൽ നമ്മുടെ ബ്രെയിന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലായോ മറ്റത് അങ്ങനെയല്ല ഈ ബ്രഹ്മെന്ന് പറയുന്ന ഈ തത്വം അദ്വൈതി പറയുന്ന തത്വത്തെ നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെ ഇരുന്നാലും ശരി നിങ്ങളുടെ ബോധം എങ്ങനെ ഇരുന്നാലും ശരി ഒരിക്കലും അവനെ അറിയാൻ കഴിയില്ല അതൊരു അങ്ങനെ ആണ് അദ്വൈതി കൊണ്ടെത്തിച്ചിരിക്കുന്ന അങ്ങനെ ഒരു സ്ഥാനത്താണ് എന്നാ ദൃശ്യത അഗ്നിയാ ബുദ്ധിയാ സൂക്ഷ്മയാ സൂക്ഷ്മർശിധി എന്നും പറയും ശൂന്യം പറയുന്ന ബുദ്ധൻ പറയുന്ന ശൂന്യവാദം തന്നെയാണ് അവരിങ്ങനെ മാറ്റിയെടുത്തത് അങ്ങനെ തന്നെ മാറ്റിയെടുത്താണ് അറിയാമയ്യാത്തൊരു സ്ഥാനമാണെന്ന് പറയുന്നു അതൊരു വിശ്വാസമാണ് മനസിലായോ ഉറക്കം വരുന്നില്ല വാച്ച് നോക്കുന്നു ഇല്ല ഒന്നും അതുകൊണ്ട് ബാക്കി ഈ ഇത് രണ്ടിനും കൂടെ കൂട്ടി കുഴയ്ക്കരുത് നമ്മൾക്ക് കാലദേശബോധമില്ലേ ഇത് സ്വാഭാവികമാണെന്നും നിരുപാധികമാണെന്നും ആ നിരുപാധികം ഞാനൊരു ബന്ധവുമില്ല ്രഹ്മെന്ന് പറയുന്നത് സമാധിയായിട്ടൊന്നും അതായത് നിരുപാധിക ബ്രഹ്മമായിട്ട് പ്രത്യേകം മനസ്സിലായി ക്ലാരിറ്റി ക്ലാരിറ്റി എങ്ങനെ എന്നും പറയും ക്ലാരിറ്റി ഉണ്ടെന്ന് വ്യത്യാസം ചോദിച്ചു നോക്കുമ്പോ സ്വാഭാവിക ആ സ്വാഭാവിക എന്ന് ഈ ശാസ്ത്രത്തിൽ പറയാം അതോട് മനസിലാവണം െന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ സമാധി അല്ലല്ല അറിയുന്നത് സ്വാഭാവികമായ ബ്രഹ്മത്തെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരേ ഒരു വഴിയുള്ളു എന്താണ് പറഞ്ഞുകഴിഞ്ഞ വഴിയുള്ളു ക്ലാരിറ്റി ഉണ്ടെന്ന് അന്നും പറഞ്ഞാണ് എന്നാ ഇപ്പൊ ക്ലാരിറ്റി ഇനി ബാമതിയിൽ വിശദീകരിക്കും അതായത് ബാമതിയുടെ ഭാഷയും അതിന്റെ ഇതുമൊക്കെ കുറച്ച് ടഫാണ് അപ്പൊ അത് ടഫ് ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഡയലൂട്ട് ചെയ്തോ ഡൈലൂട്ട് ചെയ്തോലോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നേരിടത് വായിച്ച് അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് ഉടൻ മനസ്സിലായോ അപ്പോ സ്വാഭാവികമായി അറിയാന്ന് വെച്ചാൽ അഹം ബ്രഹ്മാസ്മി എന്ന് അറിയ മനസിലായോ അങ്ങനെ ഒരു ബോധം ഉണ്ടായോ അതാണ് സ്വാഭാവികമായ അറിവ് അത് ഭാമതികാരെ തെളിച്ചു എന്ന് പറയും അപ്പൊ ഞാനിങ്ങനെ ധ്യാനിക്കാതിരുന്നു കറണ്ട് പോയി കറണ്ട് പോയെന്നു പറഞ്ഞു എല്ലാം ഓഫായി പോയെന്നു പറഞ്ഞാൽ അത് ബ്രഹ്മജ്ഞാന അല്ല നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രശ്നമാണ് മനസിലായ അങ്ങനെ ഓഫ് ആകാം നമ്മുടെ ഈ സിസ്റ്റം അല്ലെങ്കിൽ ഓഫ് ആകുകയൊക്കെ ചെയ്യുന്നതാണ് അത് വേറെ കാര്യമാണ് ഇവിടെ അതിനെ കുറിച്ച് അല്ല പറയു അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടാവുന്നു അഹം ബ്രഹ്മാസ്മിന്ന് ഞാനുണ്ടാകുമ്പോ അത് ബ്രഹ്മത്തിന്റെ സ്വാഭാവികമായ ജ്ഞാനമാണ് അങ്ങനെ ഒന്ന് ഉണ്ടാകുമെന്നു പറയുന്ന ക്ലെയിം ആണ് ഉള്ളിൽ മനസ്സിലായ അങ്ങനെ ഇനി ഉണ്ടാകുമോ എന്നുള്ള സുഖ സുഷുപ്തി കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ സ്വയം അനുഗാണിക്കുന്നുണ്ട് ഞാൻ സുഖമായി പറഞ്ഞു ഒന്നും പറഞ്ഞില്ല സുഖമല്ലാതെ ഒന്നും അറിഞ്ഞില്ല എന്നൊരു അനുഭൂതിയുടെ ഓർമ്മ വരുന്നുണ്ടല്ലോ അപ്പൊ അത് എങ്ങനെയാണെന്ന് നിശ്ചയിക്കുന്നത് അതൊക്കെ ഇനിയിപ്പൊ സമയമായി ഇനിയിപ്പൊ സോ മണി പറഞ്ഞായി നമുക്ക് അടുത്ത പരിപാടിയായി അത് വിശദീകരിക്കാം സോ ചെയ്യാൻ വിശദീകരിക്കാം അങ്ങനെ വരും ജീത്ത വരും